ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഏഴാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ വിവിധ ഭവനങ്ങളിലിരുന്ന് ഒരേ ആത്മാവിൽ ദൈവമുഖത്തേക്ക് നോക്കാൻ ഇങ്ങനെ അവസരം ദൈവം തന്നല്ല നമ്മൾ കടന്നു ഒരു കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ ഒരൊറ്റ വാക്യത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഒന്ന് കോരിന്തേർ പതിമൂന്നിൻ്റെ പതിമൂന്നാണത് അവിടെ നമ്മൾ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെയും ദൈവചനത്തിൽ ഒരു കൊച്ചുവാക്യത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയുമായിരുന്നു ഇതിൽ ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്നാ പറഞ്ഞതിന് ശേഷം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ ആദ്യത്തേതോ വിശ്വാസം തന്നെ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പല പ്രത്യേകതകൾ നമ്മൾ രണ്ടാഴ്ചകളിലായിട്ട് ചിന്തിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവർ നമുക്ക് അത് കഴിഞ്ഞിട്ട് ആ വചനത്തിൽ പറയുന്ന പ്രത്യാശയെക്കുറിച്ച് ദൈവം അനുവദിക്കുന്ന അളവിൽ നമുക്ക് ഇന്ന് ചിന്തിക്കാം പ്രത്യാശ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താ ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണത് അതൊരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ അതൊരു ആശയാണോ ഒരു ആഗ്രഹമാണോ ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷ പ്രതീക്ഷയാണ് പക്ഷേ പ്രതീക്ഷ ലോകമനുഷ്യർക്കും പ്രതീക്ഷയില്ലേ കേവലം ഒരു പ്രതീക്ഷയാണോ പ്രത്യാശ നമ്മൾ സാധാരണ മലയാളത്തിലെ പല വാക്കുകളും നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അതെന്ത് പറയുന്നു എന്ന് നോക്കിയാണ് അതിൻ്റെ ഒരു അർത്ഥബോധം നമ്മൾ കണ്ടെത്തുന്നു എന്നാൽ ഈ പ്രത്യാശയുടെ കാര്യത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ നമ്മൾ കൂടുതൽ വ്യക്തതയില്ലാതെ പോകുമെന്നാണ് എനിക്ക് ചിലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം പ്രത്യാശ എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ ഹോപ്പ് എന്നാണ് ഹോപ്പ് ഹോപ്പ് എന്ന് വെച്ചാൽ എന്താ ഹോപ്പ് എന്ന് വെച്ചാൽ ആശയെന്നോ പ്രതീക്ഷ എന്നോ എന്ന് പറഞ്ഞാൽ പിന്നെയും അതെന്തോ കനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു അതേസമയം ഹോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ലോകത്തുള്ളവർക്കെല്ലാം ഹോപ്പ് ഉണ്ടല്ലോ എല്ലാം ഒരു ഹോപ്പിലല്ലേ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഹോപ്പ് അല്ലെങ്കിൽ ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഒരു ക്രിസ്തീയമായ ഒരു ഗുണമാകുന്നത് ഒരു ക്രിസ്ത്യൻ വെർച്യു ആകുന്ന നമുക്ക് പലപ്പോഴും ഹോപ്പ് എന്ന് പറഞ്ഞതിനെ തോന്നുകയില്ല അപ്പൊ പിന്നെ എന്താ ഈ ഹോപ്പ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഇതെന്താ ഈ ഹോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അത് കുറെ ആശയാണോ അതോ ആശ കൂടിയ ആശയാണോ അതോ വിശ്വാസത്തിൻ്റെ തന്നെ വിശ്വാസം കുറച്ചുകൂടെ ഉറപ്പുള്ള വിശ്വാസത്തിനാണോ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഒരു അർത്ഥബോധം പലപ്പോഴും ലഭിക്കുന്നില്ല നമ്മൾ ഇതിന് വിശ്വാസത്തിൻ്റെതായിട്ട് ഒരു നമുക്കൊരു നിർവചനം പോലെ എബ്രഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ആദ്യത്തെ വാക്യത്തിൽ വിശ്വാസം എന്നതോ എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പ്രത്യാശയുടെ ഒരു നിർവചനം അങ്ങനെ ബൈബിളിൽ നമ്മൾ കാണുന്നില്ല എന്നാൽ പ്രത്യാശയെക്കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുള്ളതിനെ നമുക്ക് ആ സാഹചര്യത്തോട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് വളരെ അർത്ഥബോധം ലഭിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വിശേഷാൽ റോമർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിലാണ് റോമർ കെഴുതിയ ലേഖന നാലാമധ്യായം ആ നാലാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആശയെക്കുറിച്ച് ഹോപ്പിനെക്കുറിച്ച് പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ അഞ്ചാമധ്യായം തൊട്ടടുത്ത അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ അധ്യായങ്ങളായിട്ടൊക്കെ തിരിച്ചത് പിന്നീടാണല്ലോ അപ്പോൾ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു റോമർ നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ വിശ്വാസത്തെക്കുറിച്ചും പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ പ്രത്യാശയെക്കുറിച്ചും അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതായിട്ട് വേദപണ്ഡിതന്മാരെ മൂന്നായിട്ട് തിരിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് അവിടെ നമുക്ക് പ്രത്യാശയ്ക്ക് ഒരു നല്ല നിർവചനം നമുക്ക് ലഭിക്കുന്നുണ്ട് അതൊരു നിർവചനമായിട്ട് എടുത്തു നമുക്ക് ആ സാഹചര്യത്തിൽ നിന്ന് പ്രത്യാശയുടെ ഏറ്റവും നല്ല അല്ലെങ്കിൽ തെറ്റിക്കൂടാത്ത നിർവചനമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും റോമർ കെഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് നിന്റെ സന്തതിവണ്ണമാകും എന്നറിളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഇവിടെ നമ്മൾ അബ്രഹാമിൻ്റെ ചരിത്രമാണ് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് ആകാശത്തേക്ക് നോക്കാൻ കൽപ്പിച്ചു ആകാശത്ത് നോക്കിയപ്പോൾ എണ്ണിക്കൂടാത്ത നക്ഷത്രങ്ങൾ അപ്പോൾ ദൈവം പറഞ്ഞു അതിൻ്റെ പതിനഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്യം നിന്റെ സന്തതി ഇവണ്ണമാകും ഇവണ്ണമാകും ഇതുപോലെ എണ്ണത്തിൽ പെരുപ്പമുള്ളതാകും ആർക്കും എണ്ണിക്കൂടാതെണ്ണം വലിയൊരു സംഖ്യയായിരിക്കും നിന്റെ സന്തതി ഇവണ്ണമാകും എന്നറി ചെയ്തു അവൻ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത് താനെ ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ള കാര്യം അബ്രഹാം അത് ഒരു പ്രത്യാശയായിട്ടെടുത്തു എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ അബ്രഹാം ഈ കാര്യം താന് ദൈവം ഇങ്ങനെ ചെയ്യുമ്പോൾ അബ്രഹാമിന് ഒരു സന്തതി പോലുമില്ല ഒരു സന്തതി പോലുമില്ല പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാണ് അബ്രഹാമിന് വാഗ്ദത്ത സന്തതി ഉണ്ടാകുന്നതുമൊക്കെ നമുക്കറിയാം ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇവിടെ ഇതാ നാലിൻ്റെ പതിനെട്ടിൽ അവിടെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ ആശയെന്ന് പറയുന്നത് ഹോപ്പാണ് ഹോപ്പാണ് അവിടെ നമ്മൾ കാണുന്നത് ഹോപ്പ് എഗൈൻസ്റ്റ് ഹോപ്പാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എഗൈൻസ്റ്റ് ഹോപ്പ് ഹീ ബിലീവ്ഡ് ഇൻ ഹോപ്പ് അതെന്താ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചെന്ന് അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് അവനേകദേശം നൂറു വയസ്സുള്ളവനാകയാൽ നൂറു വയസ്സ് വരെ ആ പറഞ്ഞ വാഗ്ദത്വം പാലിക്കപ്പെട്ടില്ല ഇസാക്കിനെ ലഭിച്ചില്ല അവനേകദേശം നൂറു വയസ്സുള്ളവനായി അന്നേരം എന്ത് സംഭവിച്ചു തൻ്റെ ശരീരം നിർജ്ജീവമായി പോയി സാറയുടെ ഗർഭപാത്രമാകട്ടെ അതും നിർജീവമായി പോയി എന്നിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഈ സംഭവമാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന മുകളിൽ പറഞ്ഞതിൻ്റെ ആ നിലയിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ വാഗ്ദത്തമെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു നമ്മൾ അത് വായിക്കുമ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മളെ പ്രത്യാശയ്ക്കൊരു നിർവചനം നമ്മൾ കാണുന്നുണ്ട് എന്താ നിർവചനം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുന്നതാണ് പ്രത്യാശയുടെ നിർവചനം ഞാൻ വളരെ നാൾ ദൈവചനത്തിൽ നിന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് ലഭിച്ച പ്രത്യാശയ്ക്ക് ലഭിച്ച ഒരു നിർവചനമാണിത് അതായത് പ്രത്യാശ എന്ന് പറയുന്ന കേവലം ഒരു ആശയല്ല കേവലം ഒരു പ്രതീക്ഷയല്ല നല്ലത് സംഭവിക്കുക ചില ആളുകൾ പറയലേ നല്ല കാര്യങ്ങൾ വരും ഒന്നും പേടിക്കണ്ട എല്ലാം നന്മയ്ക്കാകും ഇങ്ങനെയൊക്കെയുള്ള കേവലം ഒരു പ്രതീക്ഷയല്ല പ്രത്യാശ അങ്ങനെയാണെങ്കിൽ അതൊരു ഒരു ക്രിസ്തീയമായ ഒരു ഗുണമാകുകയില്ല മറിച്ച് ഇവിടെ എന്താ ഇവിടെ പ്രത്യാശയെ റോമർ നാലിൻ്റെ പതിനെട്ടിൽ വിവരിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തോട് ചേർത്ത് അത് പറയുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെയുള്ള വിശ്വാസമാണ് പ്രത്യാശ അപ്പം ഒരു ആശ ആ ദൈവം തന്ന ഒരു വാഗ്ദാനത്തിലായിരിക്കും ആ ആശ നമ്മള് ഹോപ്പ് നമ്മൾ വച്ചിരിക്കുന്നത് പക്ഷെ ആ ഹോപ്പ് ആ ആശ അവിടെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ആ ആശ സാധിക്കാനായിട്ട് ഒരു സാഹചര്യവും ഇല്ല അതിന് വിരോധമായിട്ട് ആശയ്ക്ക് വിരോധമായി ധാരാളം കാര്യങ്ങൾ കാണുക അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് വാഗ്ദത്തം നൽകി നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ള വാഗ്ദത്തം നൽകി പക്ഷേ ആ ഒരു ആ വാഗ്ദത്തം ഒരു ആശയായിട്ട് ഒരു പ്രതീക്ഷയായിട്ട് അബ്രഹാമിൽ ഇരുന്നു പക്ഷേ നാളുകൾ പോകപ്പോകെ വർഷങ്ങൾ കഴിയേ കഴിയേ താൻ നോക്കുമ്പോൾ എന്താ ഈ ആശയ്ക്ക് വിരോധമാണ് പ്രായോഗികമായിട്ട് മുൻപിൽ കാണുന്ന കാര്യങ്ങൾ തനിക്ക് നൂറ് വയസ്സായി സാറയുടെ ഗർഭപാത്രമാകട്ടെ നിർജീവമായി പോയി ഇനി ഒരു കുഞ്ഞിക്കാലി കാണുക എന്ന് പറയുന്നത് അസാധ്യമായി പോയി ആശയ്ക്ക് വിരോധമായി ആശ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യം എന്തായിപ്പോയി അതിന് വിരോധമായി പോയി പക്ഷേ ആശയ്ക്ക് വിരോധമായ ആ കാര്യം വന്നിട്ടും അബ്രഹാം എന്തു ചെയ്തു അതിനപ്പുറത്ത് ആശയോടെ വിശ്വസിച്ചു ഇതാണ് പ്രത്യാശ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് വ്യക്തമായോ കേവലം ഒരു പ്രതീക്ഷയല്ല കേവലം ഒരു ആശയല്ല പ്രത്യാശയെന്ന് പറയുന്നത് മറിച്ച് ദൈവവചനത്തിൽ നമുക്കൊരു വാഗ്ദാനം ലഭിക്കുന്നു അല്ലെ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു അത് നമ്മളൊരു ആശ വെക്കുന്നു അതിൻ്റെ അകത്തൊരു പ്രത്യാശ വയ്ക്കുന്നു പക്ഷേ അത് നടക്കുന്ന ഒരു സാധ്യതയുമില്ല ചുറ്റുപാടുകൾ നോക്കുമ്പം ആശയ്ക്ക് വിരോധമായിട്ടാണ് കാര്യങ്ങളെല്ലാം വരുന്നത് പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഈ ആശയ്ക്ക് വിരോധമായിട്ട് പിന്നെയും ആശയോടെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിലുള്ള ആശയോടെ അതങ്ങനെ തന്നെ സംഭവിക്കും എന്നുറച്ച് വിശ്വസിക്കുന്നതാണ് പ്രത്യാശ അപ്പം വിശ്വാസത്തിൽ നിന്ന് ഒരു പടിയുടെ മുന്നോട്ടു പോകുന്നതാണ് പ്രത്യാശ വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ വിശ്വസിച്ചാൽ മതി എന്നാൽ പ്രത്യാശയോ വിശ്വസിച്ച് ആ കാര്യം നോക്കുമ്പം അത് നടക്കാനായിട്ടുള്ള സാധ്യതകൾ ഒന്നുമില്ല പൂജ്യമാണ് പക്ഷെ എന്നിട്ടും ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ ഉറപ്പോടെ വിശ്വസിച്ച് നിൽക്കുന്നതാണ് പ്രത്യാശ അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഒരു പടിയുടെ മുമ്പിലാണ് പ്രത്യാശ ആശയ്ക്ക് വിനോദമായി ആശയോടെ വിശ്വസിക്കുക അതാണ് പ്രത്യാശ പ്രത്യാശ എന്ന് പറയുന്ന അത്ര പെട്ടതിൽ പെട്ടെന്ന് നമുക്ക് ഒരു പിടുത്തം കിട്ടാത്ത ഒരു വാക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു വാക്കിന് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യാശയെക്കുറിച്ച് പൗലോസ് പറഞ്ഞ റോമർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മളൊരു നിർവചനം അതിനൊരു ഡെഫനിഷൻ കണ്ടെത്തിയതാണ് നമ്മളെ ചിന്തിച്ചത് എന്താണ് പ്രത്യാശയുടെ നിർവചനം പ്രത്യാശ നമ്മൾ പറഞ്ഞു അതൊരു ക്രിസ്ത്യൻ വെർച്യു ആണ് ക്രിസ്ത്യൻ വെർച്യു ആകണമെങ്കിൽ കേവല ലോകമനുഷ്യർക്കും പ്രതീക്ഷകളുണ്ട് ലോകമനുഷ്യർക്കും ആശകളുണ്ട് ലോകമനുഷ്യർക്കും ഹോപ്പുണ്ട് അങ്ങനെ ഒരു കേവല ഹോപ്പായാൽ അതൊരു ക്രിസ്തീയമായ ഒരു ഗുണമാവുകയില്ല മറിച്ച് എന്താ വിശ്വാസം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഒരു കാര്യമാകണമെങ്കിൽ അതിൻ്റെ അകത്ത് ചില നിലപാടുകൾ ഉണ്ടാവണം ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം വിശ്വാസത്തിൻ്റെതായ ആ ചിലയിലെ ആ നിലയിലെ ചില നിലപാടുകൾ നമ്മുടെ ഹൃദയത്തിൽ നിർണയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തു പക്ഷെ അത് സാധിക്കാൻ ആ ഒരു സാധിക്കാൻ ദൈവം കൊടുത്ത ആ ഒരു ആശ മുമ്പിലുള്ളപ്പത്തന്നെ നാളുകൾ കഴിഞ്ഞു പോയപ്പോ അവൻ നൂറു വയസ്സുള്ളവനായി സാറയുടെ ഗർഭപാത്രവും നിർജീവമായി ആശയ്ക്ക് വിരോധമായി സാഹചര്യങ്ങൾ വന്നു എന്നിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഒരു കാര്യത്തിലുള്ള പ്രത്യാശയിൽ അവന് അതിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അതാണ് അബ്രഹാമിൻ്റെ പ്രത്യാശ എന്ന് നമ്മൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ കണ്ടോ ആ നമ്മൾ ഈ കാര്യത്തെ ഒന്നുകൂടൊന്നു ഇഴവിടർത്തി പരിശോധിക്കുമ്പോൾ ഇതിന് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ പ്രത്യാശ എന്ന് പറയുന്ന ആ നിർവചനത്തിന് മൂന്ന് തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ആശ ആശയെന്ന് പറയുന്നത് എന്താ ദൈവം തന്ന ഒരു വാഗ്ദത്വത്തിൽ അധിഷ്ഠിതമായിരിക്കാം അല്ലേ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് തന്ന ഒരു ഉണർത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിൽ കൊളുത്തപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ ഒരു തിരിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വാഗ്ദാനമായിരിക്കാം അതാണ് ആശ ആശ അതൊരു വിശ്വാസത്തിൻ്റെ നിലപാടാണ് ആശ എന്നാൽ വിരോധമോ ആശയ്ക്ക് വിരോധമോ അത് ചുറ്റുപാടും കാണുന്ന പ്രായോഗികമായ കാര്യങ്ങളാണ് ആശയ്ക്ക് വിരോധം പക്ഷേ ഈ പ്രായോഗികമായ വിരോധമായ കാര്യങ്ങൾ കണ്ടിട്ട് പലരും ക്ഷീണിച്ചു പോകും അങ്ങനെ ക്ഷീണിച്ചു പോയാൽ അവർക്ക് പ്രത്യാശ ഉണ്ടാവുകയില്ല അതേസമയം നമുക്ക് പ്രത്യാശ വേണോ പ്രത്യാശ വേണമെങ്കിൽ ദൈവം തന്ന ഈ ആശയ്ക്ക് വിരോധമാണ് പ്രായോഗിക കാര്യങ്ങൾ എന്ന് കണ്ടാലും മടുത്തു പോകാതെ ആശയോടെ പിന്നെയും വിശ്വസിച്ചാൽ മാത്രമേ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് കൈയാളാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രത്യാശയ്ക്ക് മൂന്ന് തലങ്ങളാണ് ഒന്ന് ആശ രണ്ട് ആശയ്ക്ക് വിരോധമായ കാര്യം മൂന്ന് അതിനും ആശയ്ക്ക് വിരോധമായ കാര്യത്തിനും അപ്പുറത്ത് ആശയോടെ വിശ്വസിക്കാം ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ ഇതിനെ കാണണം എവിടെയെങ്കിലും നമ്മൾ നിന്ന് പോകരുത് ആശ ആശയ്ക്ക് വിരോധമായി പ്രായോഗികമായ പല കാര്യങ്ങൾ പക്ഷെ അതിനും കടന്ന് ആശയോടെ വിശ്വസിക്കുമ്പോൾ നമുക്ക് പ്രത്യാശ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇവിടെ ഈ ആശയ്ക്ക് ചുറ്റുപാടും കാണുന്ന വിരോധമായ കാര്യങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ പെട്ട നമ്മൾ നിന്ന് പോകരുത് റോമർ കെഴുതിയിൽ ഏകദിനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ പ്രത്യാശയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമ്മൾ നോക്കുക അവിടെ പ്രത്യാശയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ആ ഒരുത്തൻ ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു റോമർ എട്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ഈ വാക്യത്തിൻ്റെ പ്രത്യേകത കണ്ടോ ഇവിടെ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് കാണുന്നില്ല കാണുന്ന പ്രത്യാശയോ പ്രത്യാശയോ അല്ല ഏ കാണുന്നതിനായിട്ട് എന്തിനാ നമ്മൾ ആശ വെച്ചു ആശയ്ക്ക് വിരോധമായിട്ടാണ് കാര്യങ്ങളെല്ലാം കാണുന്നത് അല്ലാതെ ഈ ഈ കാര്യം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കാണുന്നില്ല കാണാത്തതാണ് ഈ ആശയ്ക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ് ചുറ്റുപാടും കാണുന്നത് അല്ലാതെ പ്രത്യാശയുടെ ഒരു തരിവട്ടം പോലും നമുക്ക് കാണാനായിട്ട് വിദൂരത്തിൽ പോലും കഴിയുന്നില്ല പക്ഷേ പ്രത്യാശയുടെ ഒരു പ്രത്യേകത അതാണ് കാണാത്തതാണ് കാണുന്നതിനായിട്ട് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല കാണുന്നതല്ല പ്രത്യാശ കാണാത്തതാണ് പ്രത്യാശ അപ്പോൾ വിശ്വാസവും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് പക്ഷെ വിശ്വാസത്തിൽ നിന്ന് ഒരു പടിയുടെ മുന്നോട്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത ഒരു കാര്യത്തിൽ ദൈവം ഒരു വാഗ്ദാനം തന്നു നമ്മളത് വിശ്വസിക്കുന്നു എന്നാൽ പ്രത്യാശയിലോ കാണാത്ത ഒരു കാര്യത്തിൽ ദൈവം നമുക്കൊരു വാഗ്ദാനം തന്നു നമ്മളത് വിശ്വസിക്കുന്നു നമ്മളത് ഏറ്റെടുക്കുന്നു നമ്മളത് പ്രത്യാശിക്കുന്നു അപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടും ഈ വാഗ്ദാനം ചെയ്തത് യാഥാർത്ഥ്യമാകാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പ്രായോഗികമായ സാഹചര്യങ്ങള് നമ്മളെ കാട്ടിത്തരിക ആ അത് നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ അവിടെ വച്ചും നിൽക്കാതെ നമ്മൾ പിന്നെ അതിനപ്പുറത്തോട്ട് പോയി ആ കാ ഒരു കാണാത്ത കാര്യത്തിനായിട്ട് നമ്മൾ പ്രത്യാശിക്കണം ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് പ്രത്യാശയുടെ ഒരു നിർവചനമാണല്ലോ നമ്മളേത് നമുക്ക് യോഹനന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ രംഗത്തോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ കുറച്ചുകൂടെ ചിലപ്പോൾ നമുക്ക് വ്യക്തത എന്ന് തോന്നുന്നു അവിടെ എന്താ നമ്മൾ കാണുന്നത് ലാസറിൻ്റെ കല്ലറക്കിലെ കർത്താവ് എത്തി കർത്താവ് നാല് ദിവസം വൈകിയാണ് വന്നത് വന്ന ഉടനെ കർത്താവ് ഈ സഹോദരിമാരുടെ കണ്ണുനീര് കണ്ട് യേശുവും കണ്ടുനീർ വാർത്തയൊക്കെ ചെയ്ത് കർത്താവ് കല്ലറക്കൽ വന്നിട്ട് കർത്താവ് പറയുന്നു പതിനൊന്നിൻ്റെ മുപ്പത്തൊൻപതാമത്തെ വാക്യം യോ ഹനാൻ പതിനൊന്ന് മുപ്പത്തൊൻപതിൽ കർത്താവ് പറയുന്നു ഈ കല്ല് മാറ്റാൻ പറയുമ്പോൾ പതിനൊന്നിൻ്റെ മുപ്പത്തൊൻപതിൽ വാർത്ത പറയുന്നത് എന്താ കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി പതിനൊന്നിൻ്റെ നാൽപ്പതിലോ അടുത്ത വാക്യത്തിലോ കർത്താവ് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഈ ഭാഗം നമ്മൾ പറഞ്ഞ ആ പ്രത്യാശയോട് ചേർത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക കർത്താവ് വന്നു കർത്താവ് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു വിശ്വസിച്ചാൽ ചില കാര്യങ്ങൾ നടക്കും എന്നെല്ലാം കർത്താവ് പറഞ്ഞു കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവൻ ഇവിടെ ഇതാ തങ്ങളുടെ സഹോദരൻ്റെ കല്ലറക്കലെത്തി മറിയയ്ക്കൊക്കെ നേരിയ ഒരു പ്രതീക്ഷയുണ്ട് ഒരാശയുണ്ട് ഒരാശയുണ്ട് പക്ഷേ ആ ആശയുള്ളപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് ആശയ്ക്ക് വിരോധമായ കാര്യം എന്താ ആശയ്ക്ക് വിരോധമായ കാര്യം മരണം കഴിഞ്ഞ് നാല് ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി എന്നു വാർത്ത പറയുന്നതാണ് ആശയ്ക്ക് വിരോധമായ കാര്യം പക്ഷേ കർത്താവ് ആശയ്ക്ക് വിരോധമായ പതിനൊന്നിൻ്റെ മുപ്പത്തൊൻപതിൽ അവൾ പറഞ്ഞ ആ കാര്യത്തിൽ അങ്ങ് നിൽക്കുന്നില്ല കർത്താവ് അവളെ പതിനൊന്നിൻ്റെ നാൽപ്പതിലേക്ക് ആനയിച്ചു പതിനൊന്നിൻ്റെ നാൽപ്പതിൽ കർത്താവ് എന്താ പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും കണ്ടോ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ദൈവം നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില വാഗ്ദാനങ്ങൾ തന്നു അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചില ഉറപ്പുകൾ ലഭിച്ചു അതൊക്കെ ആ ഉറപ്പുകളൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു തലത്തിൽ ആശയുടെ ഒരു തലത്തിൽ പ്രതീക്ഷയുടെ ഒരു തലത്തിൽ പ്രത്യാശയുടെ ഒരു തലത്തിൽ നമ്മൾ ഹൃദയത്തിൽ കൈക്കൊണ്ടു അത് ശരിയാണ് പക്ഷേ ചുറ്റുപാട് നോക്കുമ്പോൾ അത് സാധിക്കാൻ ഒരു സാധ്യതയും ഇല്ല ഓ മരണം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു ഓ ശരീരം ഇപ്പോൾ ജീർണിച്ചു തുടങ്ങി നാറ്റം വെച്ച് തുടങ്ങി ആശയ്ക്ക് വിരോധമാണ് കാര്യങ്ങളെല്ലാം പക്ഷേ കർത്താവ് പറയുന്നു നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിലും പ്രത്യാശ എന്ന് പറയുന്നത് ഇതാണ് അത് കേവലം ഒരു വിശ്വാസമല്ല വിശ്വാസം നടക്കാൻ പോകുന്നില്ലെന്ന് പ്രായോഗിക കാര്യങ്ങൾ നമ്മളെ കാണിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് കടന്ന് വിശ്വാസത്തിൽ നിന്ന് ഒരു പടിയൂടെ കടന്ന് പ്രത്യാശിക്കുക ഓ ചെയ്തവൻ വിശ്വസ്തൻ കാണാത്ത കാര്യങ്ങളിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് കാണുന്ന പ്രത്യാശ പ്രത്യാശയല്ല കാണുന്നതിനായിട്ട് ഇനിയും പ്രത്യാശിക്കുന്നത് എന്തിന് കാണാത്തതിനായിട്ടാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടത് അതിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം റോമറട്ടിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ അതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യത്തോടും ചേർത്ത് ഇതിനെ ചിന്തിക്കാം നമ്മൾ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ വിശ്വാസ സംബന്ധമായ ചില നിലപാടുകൾ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ആ വാഗ്ദാനങ്ങളൊന്നും അടുത്തെങ്ങും സാധിക്കുന്ന ഒരു കാര്യം പോലും കാണുന്നില്ല സാഹചര്യങ്ങൾ തീർത്തും വിരോധം വിരോധം പക്ഷെ ഇവിടെ പ്രത്യാശ കൈവിടില്ലേ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുക അതാണ് പ്രത്യാശ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നുമാണ് നിലനിൽക്കേണ്ടത് വിശ്വാസത്തിൽ നിന്ന് ഒരു ചുവടുകൂടെ മുമ്പിലാണ് പ്രത്യാശ പ്രത്യാശ കൈവിടരുത് സാഹചര്യങ്ങൾ നമ്മളോട് പറയും ഓ ഇനി ഒരു സാധ്യതയുമില്ല ആശയ്ക്ക് വിരോധമായിട്ട് എല്ലാ കാര്യങ്ങളും അണിനിരക്കും പക്ഷെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക ഹോപ്പ് ബിയോണ്ട് ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്പ് ഈ ഒരു കാര്യം അതാണ് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന കടന്നു ഈ സാഹചര്യത്തോട് ചേർത്തും പ്രത്യാശയ്ക്ക് ഇന്ന് വലിയ ഒരു പ്രത്യാശ കൈവിടരുത് പ്രത്യാശയുള്ളവരായിട്ട് നമുക്കായിരിക്കും പ്രിയമുള്ളവരെ പ്രത്യാശ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒന്ന് കോരിന്തേർ പതിമൂന്നിൻ്റെ പതിമൂന്നിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളിൽ വിശ്വാസം കഴിഞ്ഞാൽ അടുത്തു പറയുന്നതാണല്ലോ പ്രത്യാശ ഈ പ്രത്യാശ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും വളരെ പരമപ്രധാനമായ ഒന്നാണ് റോമർ എട്ടിന്റെ ഇരുപത്തി നാല് നമ്മൾ മുമ്പേ വായിച്ച ആ വാക്യം വീണ്ടും ഒന്ന് വായിക്കുക റോമർ എട്ടിന്റെ ഇരുപത്തിനാല് അത് തുടങ്ങുന്നത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടോ അപ്പൊ എന്ന് പറയുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന വളരെ പ്രാഥമികമായി ആ കാര്യത്തിന് ആവശ്യമുള്ളത് പ്രത്യാശയാണ് നമ്മൾ നേരത്തെ റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുജാതികൾക്ക് പിതാവാകുന്നത് അത് ഒരളവിലൊരു ഭൗതികമായ കാണാവുന്ന ഈ ലോകത്ത് ദൃശ്യമായ കാര്യമാണെന്ന് പറയാം അല്ലെങ്കിൽ യോഹനൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും സഹോദരനെ ജീവിപ്പിച്ചു കൊടുക്കുന്നത് അത് അന്ന് കാണാവുന്ന ആൽ ഈ ലോകത്ത് പ്രധാനമായ ഒരു കാര്യമാണെന്ന് കാണാം അപ്പോൾ ഈ ലോകത്ത് പ്രധാനമായ കാര്യങ്ങളാണ് ബഹുജാതികൾക്ക് പിതാവാകുക അല്ലെങ്കിൽ സഹോദരനെ ഉയർപ്പിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും അതുമായി ബന്ധപ്പെട്ട് പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഭൗതികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രത്യാശയ്ക്ക് വലിയ സാങ്കത്യം ഉള്ളത് വലിയ പ്രസക്തി ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ഇവിടെ കണ്ടോ റോമർ എട്ടിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിച്ചത് നമ്മുടെ ഭൗതികമായ കാര്യമല്ല ആൽമീകമായ കാര്യം ആത്മീയമായ നമ്മുടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ വളരെ പ്രാഥമിക രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അത് പ്രത്യാശയാലാണ് നടക്കുന്നത് ഹോപ്പിനാലാണ് നടക്കുന്നത് എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ രക്ഷിക്കപ്പെടുന്നതിന് എന്തിനാ പ്രത്യാശ രക്ഷിക്കപ്പെടുന്നതിന് വിശ്വാസം പോരെ വിശ്വാസമാണല്ലോ ആ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അപ്പോൾ രക്ഷിക്കപ്പെടാനായിട്ട് വിശ്വാസം മതി എന്നാണല്ലോ നമ്മൾ സാധാരണ കരുതുന്നത് പിന്നെ ഇവിടെ റോമർ എട്ടിന്റെ ഇരുപത്തിനാലിൽ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യാശയുടെ ആ നിർവചനം ഓർത്താൽ മാത്രമേ ഇവിടെ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുകയുള്ളു പ്രത്യാശയുടെ നിർവചനം എന്താ നമ്മൾ പറഞ്ഞത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക ഒരുവൻ രക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെ ചിന്തിക്കുക ഒരുവൻ ദൈവവചനം കേൾക്കുന്നു നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിനായിട്ട് രണ്ടായിരം വർഷം മുമ്പ് കാൽവെർ ക്രൂശ്യൽ കർത്താവ് മരിച്ചു അവിടുന്ന് ആ നമുക്കായിട്ട് ആ കാൽവറി മരണത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ദൈവമക്കളായിത്തീരും നമ്മളെ സ്വർഗത്തിൽ പോകും കർത്താവ് നമ്മളെ ഈ ലോകത്ത് തൻ്റെ മക്കളെന്നുള്ള കരുതലോടെ നടത്തും ഇതെല്ലാം നമ്മൾ ഒരാൾ ദൈവോചനം കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു കേൾക്കുന്നു അതിലൊരാശ വെക്കുന്നു അതിലൊരു വിശ്വാസം വെക്കുന്നു എന്നാൽ ആ വിശ്വാസം വെച്ചാലും അദ്ദേഹത്തിൻ്റെ മനസ്സുടനെ തന്നെ അതിൻ്റെ എതിരായ കാര്യങ്ങൾ പറയും ആശയ്ക്ക് വിരോധമായ കാര്യങ്ങൾ പറയും അതായത് രണ്ടായിരം വർഷം മുമ്പ് ഇസ്രായേലിലോ മറ്റോ യേശു ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടത് ഇന്ന് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്ക് പ്രസക്തം അല്ലെങ്കിൽ കേവലവും ഏറ്റു പറഞ്ഞാൽ ഉടനെ ദൈവമകനായിത്തീരുമോ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഒരു തീർത്ഥാടനവും നടത്താതെ ഒരു പുണ്യസ്ഥലവും സന്ദർശിക്കാതെ ഒരു പണവും മുടക്കാതെ അങ്ങനെ അങ്ങനെ രക്ഷ സ്വർഗത്തിൻ്റെ അവകാശം ദൈവമകൻ എന്ന പദവി ലഭിക്കുമോ അത് അതൊക്കെ ഒരു മടയത്തരമല്ലേ എന്നൊക്കെ നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തകളും നമ്മുടെ ലോകപരിചയങ്ങളുമൊക്കെ ഈ വിശ്വാസത്തിനെതിരെ ആശയ്ക്ക് വിരോധമായിട്ട് പല കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൽ രക്ഷിക്കപ്പെടാതിരിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുവരും അന്നേരം നമ്മൾ എന്തു ചെയ്യും ഈ ആശയ്ക്ക് വിരോധമായ ഈ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞ് അല്ല കർത്താവ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് മരിച്ചത് അവിടെ സ്നേഹിക്കുന്നു ഞാൻ ആ കാൽവറി മരണത്തിൽ വിശ്വസിച്ചാൽ അവിടുത്തെ മകനായി തീരുമെന്ന് ദൈവോചനം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ബോധപൂർവം ആശയ്ക്ക് വിരോധമായ ആ കാര്യത്തെ തള്ളിക്കളഞ്ഞ് പിന്നെയും ആശയോടെ വിശ്വസിക്കുമ്പം അങ്ങനെയാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് റോമറിട്ടിൻ്റെ ഇരുപത്തി നാല് പറയുന്നത് പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത് അല്ല അത് കേവലം ഒരു വിശ്വാസത്താലല്ല വിശ്വാസം അവിടെ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് പക്ഷേ വിരോധമായി വരുന്ന പല കാര്യങ്ങളെയും തള്ളിക്കളഞ്ഞ് പിന്നെയും ആശയോടെ വിശ്വസിക്കാൻ പ്രത്യാശയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് കാര്യത്തെ വളരെ വ്യക്തതയോടെ നമ്മൾ പരിഗണിച്ചാൽ അതിനെ ആ നിലയിൽ നോക്കിക്കണ്ടാൽ രക്ഷിക്കപ്പെടുന്നതിന് പ്രത്യാശയാണ് ആവശ്യം എന്ന് കാണാനായിട്ട് കഴിയും ഒന്നത്തെ അസ്ലമനിക്കർ അഞ്ചാം അധ്യായത്തിൻ്റെ വാക്യം ഈ നിലയിലുള്ള രക്ഷയെയും പ്രത്യാശയെയും തമ്മിൽ ചേർത്ത് പറയുന്ന മറ്റൊരു വാക്യമാണ് നമ്മളപ്പോൾ റോമർ എട്ടിൻ്റെ ഇരുപത്തിനാലിൽ കണ്ടത് നമ്മൾ രക്ഷിക്കപ്പെടാനായിട്ട് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് രക്ഷ രക്ഷയ്ക്ക് പ്രത്യാശ ആവശ്യമാണ് എന്നാണ് നമ്മളവിടെ കണ്ടത് എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ തുടരണമെന്നുണ്ടെങ്കിലും അവിടെ എന്ത് വേണം അവിടെയും പ്രത്യാശ ആവശ്യമാണെന്നാണ് ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ എട്ട് പറയുന്നത് ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ എട്ട് നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് വേണം നമുക്ക് രക്ഷിക്കപ്പെട്ടു നമ്മൾ മുന്നോട്ട് പിന്നെയും ജീവിക്കുമ്പോൾ അയ്യോ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു ഇതൊക്കെ ശരിയാണോ എന്നുള്ള ചിന്തകൾ എന്ത് ഈ യുക്തിബോധം എന്തു ഈ നിലയിലുള്ള ലോകത്തിൻ്റെ പരിചയം എന്തുവരും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് ഈ രക്ഷയിൽ നിലനിൽക്കാതിരിക്കാനായിട്ട് പല കാര്യങ്ങൾ കൊണ്ടുവരും അന്നേരം നമ്മൾ എന്ത് വേണം ഈ തലയെ തലച്ചോറിലേക്ക് കൊണ്ടുവരുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് വിശ്വാസത്തിനെതിരായി കൊണ്ടുവരുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ തലയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന ആ പ്രത്യാശ എന്ന ഹെൽമെറ്റ് ധരിച്ചിരിക്കണം എന്നാണ് അവിടെ പറയുന്നത് കണ്ടോ പ്രത്യാശയൊരു ഹെൽമെറ്റിനോട് ചേർത്താണ് ഒന്നത്തെ സ്ലോനിക്കർ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് കാരണം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും പല വിധത്തിൽ അതിനെതിരെയുള്ള ചിന്തകൾ വരാം ആശയ്ക്ക് വിരോധമായ കാര്യങ്ങൾ വരാം അവയെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിന് ആ പ്രത്യാശയുടെ ഒരു ഹെൽമെറ്റ് ഇട്ടാലേ കഴിയുള്ളൂ രക്ഷയുടെ ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ ധരിക്കണം കണ്ടോ രക്ഷയിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ പ്രത്യാശ വേണം രക്ഷയിൽ തുടരണമെങ്കിലും പ്രത്യാശ വേണം അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റ് കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും മരിച്ചവരെ കർത്താവിൽ നിദ്ര കൊണ്ടവരെ ഉയർപ്പിക്കും അതുപോലെ ജീവനോടെ ശേഷിക്കുന്ന ആളുകളെ അവർ ആകാശമേഖലയിൽ കർത്താവിനെ എടുക്കാനായിട്ട് എടുക്കപ്പെടും ഈ കാര്യങ്ങളോടൊക്കെ ചേർത്തും പ്രത്യാശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ മരണത്തെക്കുറിച്ച് മരിച്ച ആളുകളെ കുറിച്ച് പ്രത്യാശയെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പിന്നെ ഒരു പ്രതീക്ഷ മരണത്തിലെ പ്രത്യാശയാണ് വേണ്ടത് അതുപോലെ തന്നെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് പുനരുത്ഥാനം ഇതിനോടൊക്കെ ചേർത്ത് നമുക്ക് എന്താ വേണ്ടത് പ്രത്യാശയാ വേണ്ടത് ഒന്നത്തെ സ്ലോനിക്കാർ നാലാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കുക സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും കണ്ടോ അവിടെ പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നേരത്തെ രക്ഷയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീകമായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് മരിച്ചവരുടെ പുനരുദ്ധാനം ജീവനോടെ ശേഷിക്കുന്ന കർത്താവിനെ വിശ്വസിച്ച ആളുകൾ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത് കർത്താവ് ന്യായാധിപനായിട്ട് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെയും പ്രത്യാശയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നത്തെ സിലോമീറ്റർ നാലിൻ്റെ പതിമൂന്ന് ആ കണ്ണികെ ആരംഭിക്കുമ്പോൾ പ്രത്യാശ ഹോപ്പെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ആ പ്രത്യാശ എന്താണെന്ന് നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് മരിച്ചടക്കപ്പെട്ടു പോയ കർത്താവിനിയും വീണ്ടും വരുമെന്നോ ഇവിടെ ജീവനോടെ ശേഷിക്കുന്നവരൊക്കെയും ഉൽപ്രാവണം ചെയ്യുമെന്നോ ഉൽപ്രാവണത്തെക്കുറിച്ചൊക്കെ പറയുമ്പം ലോകമനുഷ്യർ പറയും അങ്ങനെയൊന്നും ആളുകളെ മേളിലോട്ട് എടുക്കാനൊക്കുകയില്ല കാര്യം ഈ ഭൂമിക്ക് എന്തുണ്ട് ഗുരുത്വാകർഷണമുണ്ട് മുകളിലോട്ട് അങ്ങനെ ആളുകൾക്ക് പോകാനൊന്നും നോക്കുകയില്ല ഭൂമി താഴോട്ട് പിടിക്കും ഗുരുത്വാകർഷണം ശാസ്ത്രം ഒക്കെ പറയുന്നത് ഇവിടെ നിന്ന് എടുക്കപ്പെടാനൊന്നും നോക്കുകയില്ല അല്ലെങ്കിൽ ആകാ രണ്ടായിരം വർഷം മുമ്പ് മരിച്ച ഒരാള് വീണ്ടും വരാനായിട്ട് ഒക്കുകയില്ല ശാസ്ത്രവും യുക്തിയും ഒക്കെ ഇതിനെതിരാണ് നിൽക്കുന്നത് പക്ഷേ കണ്ടോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മരിച്ചവരുടെ പുനരുദ്ധാനം നമ്മുടെ തന്നെ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത് ഇതിനൊക്കെയും അവിടെ കേവലം വിശ്വാസം പോരാ അവിടെ ആശയ്ക്ക് വിരോധമായി യുക്തിചിന്തകൾ വരും അതുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന പ്രത്യാശയാണ് ആവശ്യം പ്രിയപ്പെട്ടവരെ ഇയോബിൻ്റെ പുസ്തകത്തിൽ കണ്ടോ ഇയോബിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ക്ഷമിക്കണം ഏഴാമധ്യായമല്ല ഇയോബിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നത് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും കണ്ടോ പ്രത്യാശ ഒരു വൃക്ഷം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞപ്പിന്നെന്താ പിന്നെ ഒന്നുമില്ല ഇനി ഇത് കിളിക്കുകയില്ല എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഈ ഒബ് പതിനാലിൻ്റെ ഏഴ് മുതൽ അതിൻ്റെ ഒമ്പത് വരെ വായിക്കുക അവിടെ ഒരു ചെറിയ കുറ്റി അവശേഷിച്ചാൽ അടുത്ത മഴ വരുമ്പം പൊട്ടിക്കിളിർക്കും ഒരു നാമ്പുണ്ടാകും ഇലകൾ വരും വീണ്ടും അത് വീണ്ടും അതൊരു വൃക്ഷമായിത്തീരും കണ്ടോ വെട്ടിക്കളഞ്ഞ ഒരു വൃക്ഷത്തെക്കുറിച്ച് ഇനിയും അത് കിളിർക്കുകയില്ല എന്നാണ് യുക്തി പറയുന്നത് പക്ഷേ അത് വീണ്ടും വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും പ്രത്യാശയുടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു പാഠമായിട്ട് യോബ് തൻ്റെ പതിനാലാമത്തെ ആയ ഏഴാമത്തെ വാക്യത്തിൽ പ്രത്യാശയുടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു പാഠമായിട്ട് ഒരു വൃക്ഷം വെട്ടിക്കളഞ്ഞാൽ വീണ്ടും കിളിർക്കുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത് യുക്തി പറയുന്നത് തീർന്നു വെട്ടിക്കളഞ്ഞു പക്ഷെ പൊട്ടിക്കിളിർക്കും എങ്ങനെ ആശയ്ക്ക് വിരോധമായി ആശ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ നമ്മൾ ആ വൃക്ഷം വീണ്ടും കിളിർക്കാൻ വേണ്ടി എന്ത് വേണം കാത്തിരിക്കണം കാത്തിരിക്കണം റോമറെട്ടിൻ്റെ ഇരുപത്തഞ്ച് പറയുന്നത് കാണുന്നതിനായി പ്രത്യാശിക്കുന്നു കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പം ക്ഷമ വേണം ഒരു കാത്തിരിപ്പ് വേണം നമ്മളൊരു കാര്യം പ്രത്യാശിച്ചു അത് നാളെ നടക്കണം എന്ന് പറഞ്ഞു പറ്റുകയില്ല അതിന് ക്ഷമയോടെ കാത്തിരിക്കണം ആ വൃക്ഷം പൊട്ടിക്കിളിർക്കാനായിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാലേ അത് നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യാശിക്കുന്ന പല കാര്യങ്ങളും അത് യാഥാർത്ഥ്യമായി കാണാൻ ക്ഷമയോടെ ഒരു കാത്തിരിപ്പ് ആവശ്യമുണ്ട് നമ്മളിന്ന് കടന്നു പോകുന്ന കാലഘട്ടം നോക്കുക നമ്മൾ വിചാരിച്ചു ഈ മഹാമാരി തീർന്നു അവസാനിക്കുമെന്ന് വിചാരിച്ചു പിന്നെയും സമൂഹവ്യാപനമൊക്കെ കേരളത്തിൽ നടക്കുക കേരളത്തിലെ മൂ നഗരങ്ങളൊക്കെ മൂന്ന് ലോക്ക്ഡൗണിലേക്കൊക്കെ വരികയാണ് കാര്യങ്ങൾക്കൊരു അവസാനം കാണുന്നില്ല ആശയ്ക്ക് വിരോധമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് ഇവിടെയാണ് പ്രത്യാശ വേണ്ടത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക അതാണ് പ്രത്യാശ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യാശ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കും ആത്മീയമായ കാര്യം രക്ഷിക്കപ്പെടുക രക്ഷയിൽ നിലനിൽക്കുക കർത്താവിൻ്റെ വരവ് നമ്മുടെ പുനരുത്ഥാനം ഇതിനെല്ലാം ആവശ്യമുള്ളത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നതാണ് അവിടെ എന്തു വേണം അവിടെ ക്ഷമയോടെ ഒരു കാത്തിരിപ്പ് വേണം വെട്ടിക്കളഞ്ഞ ഒരു മരം വീണ്ടും പൊട്ടിക്കിളിർക്കാനായിട്ട് കാത്തിരിക്കുന്നത് പോലെ നമ്മളൊരു ക്ഷമയോടെ കാത്തിരിക്കണം അങ്ങനെ മുന്നോട്ട് പോയാൽ ദൈവം നമ്മെ സഹായിക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യാശ കൈവിടാതെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക നമ്മൾ ആരെ വിശ്വസിച്ചു എന്ന് നമുക്കറിയാം റോമർ പതിനഞ്ച് കാണുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം ദൈവം തന്നെ നമുക്ക് പ്രത്യാശ നൽകും ദൈവത്തിൽ ആശ്രയിക്കുക ഗോഡ് ഓഫ് ഹോപ്പ് ദൈവം പ്രത്യാശയുടെ ദൈവമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം ദൈവം നമുക്ക് പ്രത്യാശ വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് തരും ആശയ്ക്ക് വിരോധമായി ആശയോടെ നമുക്ക് വിശ്വസിക്കാം ദൈവം നമ്മെ മുന്നോട്ട് നടത്തും ആമേ